ബാംഗ്ലൂരിലുള്ള കോൺഫറൻസിന് പങ്കെടുക്കുവാനായിട്ട് സാധിച്ചു ജോജി പവനും ഞങ്ങൾക്ക് കുടുംബമായിട്ടും ഞങ്ങളവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം നമ്മുടെ ഇവിടെയുള്ള ചെറുപ്പക്കാരും അവരും ഈ ബാംഗ്ലൂർ കോൺഫറൻസിൽ അവർ ബാംഗ്ലൂർ കോൺഫറൻസിൻ്റെ യൂത്ത് ക്യാമ്പിൽ പങ്കെടുത്തു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയമാണ് അവിടെ ബാംഗ്ലൂർ കോൺഫറൻസിൻ്റെ സമയത്ത് ദൈവം ഞങ്ങൾക്ക് നൽകിയത് അപ്പോൾ അതുകൊണ്ട് ബാംഗ്ലൂർ കോൺഫറൻസിൽ കേട്ട ചില കാര്യങ്ങൾ അതിൻ്റെ ഒരു രത്ന ചുരുക്കം ഞാൻ പ്രാഥമികമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു അതിനുശേഷം അവിടെ പങ്കെടുത്ത പലരും ഇവിടെ ഉണ്ടല്ലോ പങ്കെടുത്ത നിങ്ങൾക്കും മുതിർന്നവർക്കും ചെറുപ്പക്കാർക്കുമൊക്കെ ആ മീറ്റിങ്ങിലൂടെ ദൈവം നിങ്ങളോട് ഇടപെട്ടത് നിങ്ങളോട് സംസാരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കുവാനായിട്ട് നിങ്ങൾക്കും സമയമെടുക്കാവുന്നതാണ് നമുക്ക് എല്ലാ രീതിയിലും ഈ സമയം നമുക്ക് പ്രയോജനകരമായി തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം നമ്മൾ ബാംഗ്ലൂർ കോൺഫറൻസിൻ്റെ തീം അത് ഇങ്ങനെയായിരുന്നു വട്ട് ഗോഡ് ഹാസ് പ്രിപ്പയർഡ് ഫോർ അസ് ദൈവം അങ്ങനെയല്ലേ yeah what god has prepared for those who love him adayith devathe sneheekina varkku devom urukki irikkina kaarigal devathe sneheekina varkku devom urukki irikkunathu kannu kandittilla chevi getittilla oru manushinde hrudayathil thonniittumilla ennu nam devodhinathil nam vaaikkunundu namalu adayirunnu conference inde theme onnu korindru rendam adhyayathil angane aa vaakyam undu onnu korindru rendam adhyayathinde 9va vaakyam ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ അപ്പൊ നമ്മ ഇന്ന് ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചോളം ദൈവം വളരെയധികം കാര്യങ്ങൾ ദൈവം നമുക്ക് ഒരുക്കിയിട്ടുണ്ട് ദൈവം നമുക്ക് വേണ്ടി അതൊരുക്കിയിട്ടുണ്ട് പഴയ നിയമഭക്തന്മാരായ പലർക്കും അതൊന്നും അവർക്ക് വ്യക്തിപരമായിട്ട് അനുഭവിക്കുവാനായിട്ട് കഴിഞ്ഞിരുന്നില്ല എന്നാൽ നമുക്ക് അത് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് എന്നാൽ പലപ്പോഴും നാം എല്ലാവരും നമ്മുടെ കയ്യിൽ ധാരാളം ചെക്ക് ബാങ്കിൽ പണമുണ്ട് നമ്മുടെ വീട്ടിൽ ചെക്ക് ബുക്കുണ്ട് ആ ചെക്ക് ബുക്കും പണവും ഒക്കെ അവിടെ വച്ച് അത് ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊന്നും ഇല്ലാത്തവരെ പോലെ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന അതുപോലെയാണ് ഇന്ന് നാം ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ ദൈവം ഒത്തിരി വളരെയധികം അനുഗ്രഹങ്ങൾ നമുക്ക് വേണ്ടി നൽകിയിട്ടുണ്ട് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് എന്നാൽ ഇതൊന്നും സ്വായത്തമാക്കാതെ നാം വീണ്ടും ഒരു തരം ആത്മീയ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഒരു അവസ്ഥ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് കഴിയും എന്നാൽ നമുക്ക് ദൈവം ഈ കാര്യങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട് ദൈവം നൽകിയ കാര്യങ്ങൾ ദൈവം ആത്മാവിനാൽ നമുക്കത് വെളിപ്പെടുത്തി തരും വെളിപ്പെടുത്തി പുതിയ നിയമത്തിൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നാം അനുഭവിക്കുന്നവരായി കൈയാളുന്നവരായി ആ സന്തോഷത്തിലേക്ക് നാം വരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു എന്നാണ് ആ ഒരു തീമിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കോൺഫറൻസ് തുടങ്ങിയത് അവിടെ ഈ കാര്യങ്ങളൊക്കെ നാം ഒമ്പതാം വാക്യത്തിൽ ഒന്ന് കൊരിഞ്ചി രണ്ടാം അധ്യയത്തിന്റെ ഒമ്പതാം വാക്യത്തിൽ നാം ഇത് വായിച്ചു പത്താം വാക്യത്തിൽ പറയുന്നത് നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു പഴയ നീവ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ദൈവഭക്തന്മാർക്ക് പല കാര്യങ്ങളും അവർക്ക് ഇതൊരു ആത്മാവിലുള്ള വെളിപ്പാടായിട്ട് അവർക്ക് മനസ്സിലായിരുന്നില്ല ദൈവം ആഗ്രഹിച്ചിരുന്ന ദൈവത്തോടുള്ള ഒരു ഉച്ച ബന്ധം ദൈവത്തോടെ ഏറ്റവും അടുത്ത ഒരു ബന്ധം ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഒരു സ്വസ്ഥത ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഒരു വിജയകരമായ ജീവിതം ഇതെല്ലാം പഴയ ദൈവ ഭക്തന്മാരെക്ക് അവർക്ക് അതൊരു വെളിപ്പാടായിട്ട് വന്നിരുന്നില്ല അവർക്ക് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അവർ ദൈവത്തെ ആശ്രയിച്ചു ചില സമയങ്ങളിൽ അവർ നിരാശയുള്ളവരും പരാജയപ്പെട്ടവരുമായി തുടർന്നു എന്നാൽ നമുക്ക് ആത്മാവിനാൽ ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നു ആത്മാവിനാൽ ആ വെളിപ്പാട് പ്രാപിച്ച് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ പുതിയ നിയമ വാഗ്ദത്വങ്ങൾ സത്യങ്ങൾ നാം അനുഭവിക്കണം അപ്പോൾ ഈ പല കാര്യങ്ങൾ ഈ കാര്യങ്ങളെക്കുറിച്ച് പല സഹോദരങ്ങളും പങ്കുവച്ചു അതെല്ലാം നമുക്ക് ഇവിടെ പങ്കുവയ്ക്കുവാനായിട്ട് നമുക്ക് സമയമില്ല എന്നാൽ ചില കാര്യങ്ങൾ എന്നെയും ഉത്സാഹിപ്പിച്ച ചില കാര്യങ്ങൾ ഞാൻ വളരെ പെട്ടെന്ന് ഞാൻ പങ്കുവയ്ക്കട്ടെ നമ്മൾ ഇബ്രാഹിം ലേഖനം നാലാം അധ്യായത്തിൽ അതിൻ്റെ എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഒരു സ്വസ്ഥതയെക്കുറിച്ച് അവിടെ നാം വായിക്കുന്നു അവിടെ ഒന്നാം വാക്യത്തിൽ അങ്ങനെയാണ് പറയുന്നത് അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള വാഗ്ദത്വം ശേഷിച്ചിരിക്കുകയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കുവാൻ നാം ഭയപ്പെടുക എന്നൊന്നാം വാക്യത്തിൽ പറയുന്നു ഇവിടെ നാം എട്ടാം വാക്യം മുതൽ യോശുവ ഇസ്രായേൽ മക്കൾക്ക് യേശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ മറ്റൊരു ദിവസത്തെക്കുറിച്ച് പിന്നത്തെയതിൽ കൽപ്പിക്കുകയില്ലായിരുന്നു ആകെയാൽ ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ശപത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ ജനമായ നമുക്ക് ഈ പുതിയ നിയമത്തിൽ നമുക്കൊരു ശപത്ത് അനുഭവം ഉണ്ട് അത് നമുക്ക് ശേഷിച്ചിരിക്കുന്നു നമുക്ക് ആ ശപത്തനുഭവം നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കണം അപ്പം എന്താണ് ഈ ശപത്തനുഭവം എന്ന് പറയുന്നത് അതൊരു സ്വസ്ഥതയുള്ള ഒരു ജീവിതം പല നമ്മൾ ഈ പാട്ടുകളൊക്കെ നമ്മൾ പാടിയപ്പോൾ തിരകൾ ബോട്ടിൽ അടിക്കുമ്പോഴും ആ ബോട്ടിൽ കിടന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങിയ ഒരു കർത്താവ് ജീവിതത്തിൻ്റെ തിരത്തല്ലുകളുടെ മധ്യത്തിൽ ജീവിതത്തിൻ്റെ പല പ്രയാസങ്ങളുടെ ബുദ്ധിമുട്ടുകളുടെ മധ്യത്തിൽ ഒരു സ്വസ്ഥതയുള്ളൊരു ജീവിതം സന്തോഷ് പൂനൻ ബ്രദർ അദ്ദേഹം സാക്ക് ബ്രദറിൻ്റെ രണ്ടാമത്തെ മകനാണ് അദ്ദേഹം ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ സഹോദരൻ വളരെ ഉത്സാഹകരമായിട്ട് ആ സഹോദരൻ പങ്കുവയ്ക്കുകയുണ്ടായി തൻ്റെ ജീവിതത്തിൽ പല സം സന്ദർഭം പല തരത്തിലുള്ള സമ്മർദ്ദങ്ങളിലൂടെ കടന്നുപോയ കഴിഞ്ഞ ചില മാസങ്ങൾ ഒരു മൂന്നാല് മാസങ്ങൾ രണ്ട് മൂന്ന് മാസങ്ങൾ വളരെയധികം സമ്മർദ്ദങ്ങളിലൂടെ താൻ കടന്നുപോയി തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ തൻ്റെ സഭയോടുള്ള ബന്ധത്തിലൊക്കെ പലരും പെട്ടെന്ന് അവിടെ നിന്ന് പലരും മാറിപ്പോവുകയും ഒക്കെ ചെയ്തതിൻ്റെ മധ്യത്തിൽ വളരെ സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുമ്പോൾ ചില ദിവസങ്ങളിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താണ് പുതിയൊരു തിര ജീവിതത്തിലേക്ക് വന്ന് അടിക്കുന്നത് പോലെ എന്താണ് ഒരു ഉത്തരം കിട്ടാത്തതുപോലെ പലപ്പോഴും ആ തിരയുടെ തള്ളലിൽ പെട്ട് അങ്ങനെ ഇരുന്നപ്പോൾ കർത്താവെ അങ് എവിടെയാണ് അങ്ങ് എവിടെയാണ് എന്ന് ചോദിച്ച് കർത്താവിനെ അന്വേഷിക്കുന്ന ഒരു ആവശ്യം കർത്താവിൽ ചാരിയല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ബോധ്യത്തിൽ ആ സഹോദരൻ അങ്ങനെ പല ദിവസങ്ങൾ ആ ഒരു പോരാട്ടത്തിലൂടെ കടന്നുപോയി അങ്ങനെ പോരാട്ടത്തിലൂടെ കടന്നു ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ദൈവം ഒരു ഒരു ബോധ്യം നൽകിയത് സാധാരണ നാവൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പലപ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താ അന്വേഷിക്കുന്നത് രാവിലെ എഴുന്നേക്കുമ്പോൾ പലരും അവരുടെ ആദ്യം മൊബൈൽ ഫോൺ അന്വേഷിക്കും മൊബൈൽ ഫോൺ എന്തെങ്കിലും വന്നിട്ടുണ്ടോ മെസ്സേജ് വന്നിട്ടുണ്ടോ ഫോൺ കോൾ വന്നിട്ടുണ്ടോ ആദ്യം മൊബൈൽ ഫോൺ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പല കാര്യങ്ങൾ എന്നാൽ ആ ഈ കോൺഫറൻസിൻ്റെ തന്നെ ഒരു ഈ തീമുമായിട്ട് ബന്ധപ്പെട്ട് ചേർന്ന് പോയ ഒരു കാര്യം നമുക്ക് ഈ സ്വസ്ഥതയുള്ള ജീവിതം അല്ലെങ്കിൽ ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന എല്ലാം നമുക്ക് സ്വായത്തമാക്കണമെങ്കിൽ ഒരു നിസ്സഹായതയോടെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ജീവിതം നമുക്ക് വേണം താഴ്മയോടെ ദൈവത്തിൽ ആശ്രയിക്കുക താഴ്മയോടെ ദൈവത്തിൽ ചാരുക രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നിസ്സഹായതയോടെ കർത്താവെ ഇന്ന് അങ്ങ് എന്നെ സഹായിച്ചിട്ടല്ലാതെ അങ്ങയുടെ തുണിയില്ലാതെ എനിക്ക് മുമ്പോട്ട് പോകാനായിട്ട് പറ്റില്ല അങ്ങ് വേണം എന്ന് പറഞ്ഞ് ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവത്തിൽ ചാരുന്ന ഒരു ജീവിതം വളരെ മനോഹരമായ ഒരു ഉദാഹരണം സോദനൻ പങ്കുവെക്കുകയുണ്ട് നമ്മളൊക്കെ പലപ്പോഴും അന്വേഷിക്കുന്നു ഒരു അന്ധനായ മനുഷ്യനാണെന്ന് വിചാരിക്കുക ഈ അന്ധനായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ യാത്ര എല്ലാ കാര്യത്തിനും അദ്ദേഹത്തിന് വേണ്ടത് വൈറ്റ് കെയ്ൻ അതായത് അന്ധർക്ക് അവർക്ക് നടക്കാനായിട്ട് അവർക്ക് മുമ്പോട്ട് വഴിയൊക്കെ കാണിക്കേണ്ട അവരുടെ അവരുടെ കയ്യിലുള്ള ഒരു വെള്ള വടി നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചോളം കട്ടിലീന്ന് എഴുന്നേറ്റ് ഒന്ന് ബാത്റൂമിലേക്ക് പോകണമെങ്കിൽ വേറെ എങ്ങോട്ട് പോകണമെങ്കിലും ഈ വടി ഇല്ലാതെ പറ്റില്ല അപ്പോൾ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ഈ അന്ധനെന്താണ് അന്വേഷിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വടി അന്വേഷിക്കും ഈ വടി എവിടെയാണ് ആ വടി ഉടനെ ആ വടി പിടിച്ചിട്ടാണ് ആ വടിയിൽ പിടിച്ച് അദ്ദേഹത്തിൻ്റെ ദിശ അദ്ദേഹത്തിൻ്റെ ആശ്രയം ആ വടിയിലാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മെ സംബന്ധിച്ചോളം സോറി സോർമാർ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വസ്ഥതയാകട്ടെ ദൈവം നമുക്ക് വാഗ്ദത്വം ചെയ്തിരിക്കുന്ന പുതിയ നിയമത്തിൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന എല്ലാം നമുക്ക് സ്വായത്തമാകണമെങ്കിൽ നമുക്ക് ആദ്യം നമ്മുടെ ജീവിതത്തിൽ ഒരു അന്ധൻ തൻ്റെ കെയ്ൻ വൈറ്റ് കെയ്ൻ രാവിലെ അന്വേഷിക്കുന്നത് പോലെ നിസ്സഹായതയോടെ കർത്താവേ ഇന്ന് അങ് എനിക്ക് വേണം അങ്ങില്ലാതെ ഞാൻ എഴുന്നേൽക്കുന്നില്ല എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും ആദ്യം ഞാൻ അങ്ങേ അന്വേഷിക്കുന്നു ഏറ്റവും ആദ്യം ഞാൻ അങ്ങയുടെ അടുക്കിലേക്ക് അങ്ങയുടെ ശക്തിക്കായിട്ട് അങ്ങയുടെ കൃപയ്ക്കായിട്ട് അങ്ങയുടെ ആത്മാവിൻ്റെ നിറവിനായിട്ട് ഞാൻ അങ്ങയുടെ അടുക്കിലേക്ക് വരുന്നു അപ്പോൾ ഈ രീതിയിലുള്ള ഒരു ഹമ്പിളായിട്ടുള്ള താഴ്മയോടെ കൂടെയുള്ള ഒരു ദൈവത്തിലുള്ള ആശ്രയം അതായിരിക്കണം നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പല വാക്യങ്ങളിലൂടെ പല സൗരസ്വരന്മാർ ഈ കാര്യങ്ങൾ പങ്കുവെക്കുകയുണ്ടായി നമ്മൾ നമുക്കെപ്പോഴും പരിചയമുള്ള നാം പലപ്പോഴും വായിക്കുന്ന ഒരു വാക്യമാണ് മത്തായി പതിനൊന്നാം അധ്യായത്തിൽ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ നമ്മിൽ പലരും ഈ രീതിയിൽ ജീവിതത്തിൽ അധ്വാനങ്ങളുള്ളവരാണ് ഭാരങ്ങളുള്ളവരാണ് എന്നാൽ ഈ അധ്വാനത്തിൻ്റെയും ഭാരത്തിൻ്റെയും ഒക്കെ മധ്യത്തിൽ ആ വാക്യത്തിൽ അതിൻ്റെ അവസാനം എന്താ പറഞ്ഞിരിക്കുന്നത് അധ്വാനിക്കുന്നവരും പാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവേൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും കർത്താവിൻ്റെ അടുക്കൽ നിന്ന് നമുക്കൊരാശ്വാസമുണ്ട് ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുവീൻ എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും അപ്പോൾ നാം കർത്താവിൻ്റെ അടുക്കൽ വന്ന് ആശ്വാസം പ്രാപിക്കുകയും അതിനെ തുടർന്ന് നമ്മൾ നേരത്തെ ചിന്തിക്കുകയുണ്ടായി നാം കർത്താവിൻ്റെ മുഖം ഏറ്റെടുത്ത് കർത്താവിൻ്റെ പുറകെ നാം പോകുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ജീവിതത്തിൽ ദൈവം പുതിയ നിയമ ഭക്തന്മാർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന അസ്വസ്ഥത നമുക്ക് പ്രാപിക്കുവാനായിട്ട് കഴിയും അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് പല കാര്യങ്ങൾ പങ്കുവയ്ക്കുകയുണ്ടായി അതുപോലെ നാം നേരത്തെ ഞാൻ പറഞ്ഞു ഈ ആത്മീക സത്യങ്ങളൊക്കെ പലപ്പോഴും നമുക്ക് ഈ ആത്മീക സത്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ പുതിയ നിയമത്തിൽ ഇവിടെ ആയിരിക്കുമ്പോഴും നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നമുക്കിങ്ങോട്ട് വെളിപ്പെട്ട് വരുന്നില്ല നമുക്ക് ഈ കാര്യങ്ങളുടെ ഒരു ഗ്രാഹ്യം നമ്മളിതിനെ വിലമതിക്കുന്നില്ല നമ്മളിതൊക്കെ മനസ്സി കേൾക്കുന്നു നമ്മുടെ പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതം പഴയ നിയമ ഭക്തന്മാരെ സംബന്ധിച്ചോളം അവരുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അവരുടെ ശരീരം ഗുണ്ടവരത്തെ നമ്മളിപ്പോൾ രാവിലെ നാം ദൈവത്തെ സ്തുതിക്കാനായിട്ട് പറയുന്നു ദൈവത്തെ സ്തുതിക്കാനായിട്ട് പറയുമ്പോൾ നാം എല്ലാവരും കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുന്നു കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു നമ്മുടെ വായ തുറന്ന് നാം ദൈവത്തെ സ്തുതിക്കുന്നു അപ്പോൾ നാം കരങ്ങൾ അടിക്കുമ്പോൾ നമ്മുടെ വായ തുറക്കുമ്പോഴൊക്കെ നമ്മുടെ ശരീരം കൊണ്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തും അല്ലെങ്കിൽ നാം മറ്റ് നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ നമ്മൾ നമുക്ക് ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് എന്നാൽ നമ്മൾ അതിനപ്പുറത്ത് ദൈവത്തോടുള്ള സ്നേഹം ദൈവത്തോടുള്ള നമ്മുടെ ഹൃദയത്തിലുള്ള നമ്മുടെ നമ്മുടെ മനസ്സുകൊണ്ട് നമ്മുടെ ശരീരം കൊണ്ട് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ നമ്മുടെ മൂന്ന് ഭാഗമാണല്ലോ മനുഷ്യരെന്ന് പറഞ്ഞാൽ ബോഡി സോൾ ആൻഡ് സ്പിരിറ്റ് അതായത് ശരീരം അല്ലെങ്കിൽ ദേഹം ദേഹി ആത്മാവ് ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളുണ്ട് അപ്പോൾ ദേഹം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു ദേഹം കൊണ്ട് പല കാര്യങ്ങൾ ചെയ്യും എന്നാൽ അതിനെ അതിനു മുമ്പോട്ട് പോയി ചിലരെ സംബന്ധിച്ചോളം അവർ അവരുടെ ദേഹി കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു അവർ വെറുതെ ഇങ്ങനെ ഒരു മെക്കാനിക്കലായിട്ട് കരങ്ങൾ ഉയർത്തുക മാത്രമല്ല അവരുടെ ഉള്ളത്തിൽ അവരുടെ സോളിൽ നിന്ന് അവർ സന്തോഷത്തോടുകൂടെ ഇമോഷൻസ് അവരുടെ സോൾ അവരുടെ മനസ്സ് അവരുടെ ഇമോഷൻസ് വികാരങ്ങൾ ഒക്കെ ഉപയോഗിച്ച് ദൈവത്തെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു അവർ വളരെ ഉത്സാഹത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു ഇതെല്ലാം മനസ് എന്നാലും ഇത് മനസ്സിൻ്റെ ഒരു ഭാഗത്ത് തന്നെയാണ് ഏഹ് ദേഹിയിൽ തന്നെയാണ് എന്നാൽ അതിനും അപ്പുറത്ത് നമുക്ക് ആത്മാവിൽ ദൈവത്തെ പിൻപറ്റണം എന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അപ്പം അതിനപ്പുറത്ത് നാം ആത്മാവിലുള്ള ഒരു ജീവിതം അതിലേക്ക് നാം പ്രവേശിക്കുന്നത് നമ്മുടെ സ്വന്തം ഹിതത്തെ വേണ്ട എന്ന് വെക്കുന്നതിലൂടെയാണ് നമ്മുടെ സ്വയം നമ്മുടെ ഇച്ഛയെ സ്വന്തം ഇച്ഛയെ നമ്മുടെ വില്ലിനെ നമ്മുടെ സെൽഫ് വില്ലിനെ അതിനെ ഒരു തീരുമാനത്തോടെ ലക്ഷ്യബോധത്തോടെ എനിക്ക് തോന്നുന്നില്ലെങ്കിലും കർത്താവെ ഞാൻ അങ്ങേ പിൻപറ്റും ഇവിടെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്നാലും ഞാൻ കർത്താവെ ക്രൂശെടുത്ത് ഞാൻ അങ്ങേ പിൻപറ്റും എന്ന് പറഞ്ഞ് നാം നമ്മുടെ സ്വന്തം ഇഷ്ടത്തെ നിഷേധിച്ച് നാം മുമ്പോട്ട് പോകുമ്പോൾ നാം ഒരു ദേഹീപരമായ ജീവിതത്തിൽ നിന്ന് നാം ഒരു ആത്മീയരായിട്ട് മാറുകയാണ് അപ്പം നമുക്ക് ആത്മാവിൽ അങ്ങനെ മാത്രമേ നമുക്ക് കാര്യങ്ങൾ വെളിപ്പെട്ട് പലപ്പോഴും നമ്മൾ ഈ തരത്തിൽ ഇന്ന് കാണുന്ന പല സഭകളിലും ഉള്ളതുപോലെ ഒന്നുകിൽ ഒരു ദേഹം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ പിൻപറ്റുന്നു അല്ലെങ്കിൽ അതിനും അപ്പുറത്ത് നാം ദേഹി കൊണ്ട് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മുടെ വികാരങ്ങൾ കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു ദൈവത്തെ പിൻപറ്റും എന്നാൽ അതിനപ്പുറത്ത് ഞാൻ ഇച്ഛവച്ച് ജ്യോജിബ പറയുന്ന പോലെ ഇച്ഛവച്ച് ഞാൻ എൻ്റെ ഇഷ്ടം വേണ്ട എൻ്റെ ഹിതം വേണ്ട കർത്താവെ ഞാനങ്ങേ ആ തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് കർത്താവെ അതിവശുദ്ധ ഞാൻ എൻ്റെ ഇഷ്ടത്തെ വേണ്ട എന്ന് വെച്ച് ഞാൻ അങ്ങോട്ട് പോകാനായിട്ട് ഞാൻ തയ്യാറാകുന്നു എന്ന് പറഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്ക് ആത്മീക സത്യങ്ങൾ കൂടുതൽ നമുക്ക് വെളിപ്പെട്ടു വരുന്നത് അപ്പോഴാണ് നമുക്ക് ആത്മാവൽ കാര്യങ്ങളെ നമുക്ക് ഗ്രഹിക്കാനായിട്ട് പറ്റുക എന്നും പല സഹോദരങ്ങളും അവിടെ പങ്കുവെക്കുകയുണ്ടായി നമുക്കൊരു ഇടുക്കമുള്ള വഴിയിലൂടെയാണ് ഈ സ്വസ്ഥത നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയുക ആ ഇടുക്കമുള്ള അതൊരു വാതിൽ മാത്രമല്ല അതൊരു ഇടുക്കമുള്ള ഒരു വഴിയാണ് ടുക്കമുള്ള ആ വാതിലിലൂടെ വഴിയിലൂടെ നാം മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ദൈവം പുതിയ നിയമത്തിൽ നമുക്ക് വച്ചിരിക്കുന്ന ആ ഒരു സ്വസ്ഥത ആ ഒരു വിജയകരമായ ജീവിതം അത് നമുക്ക് കണ്ടെത്തുവാനായിട്ട് കഴിയും അപ്പോൾ നമുക്ക് നമ്മെ നമ്മെ സംബന്ധിച്ചോളം നമ്മളൊക്കെ ഇതെല്ലാം കേൾക്കുന്നു കേട്ട് കഴിഞ്ഞിട്ടും ആ നല്ല ഇത് നല്ല സത്യമാണ് ഇത് കൊള്ളാം എന്ന് പറഞ്ഞ് നാം ഇരിക്കാതെ നാം ഓരോരുത്തരും കർത്താവെ അങ് എനിക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന അങ്ങേ സ്നേഹിക്കുന്ന എനിക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഈ സത്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമായി തീരണം ഞാനങ്ങേ സ്നേഹിക്കുന്നു ഞാനങ്ങേ പിൻപറ്റുന്നു എൻ്റെ ഉള്ളത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഇതാണ് ഈ ഒരു വർഷം കഴിയുമ്പോൾ കർത്താവെ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഒരു മാസം കഴിയുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ എന്താ എൻ്റെ ആഗ്രഹം കർത്താവ് എനിക്ക് കുറച്ചുകൂടെ അങ്ങയോട് അടുക്കണം കുറച്ചുകൂടെ അങ്ങയുടെ സ്വഭാവത്തിൽ എനിക്ക് വളരണം കർത്താവ് കഴിയുന്ന നാളുകളിൽ എൻ്റെ അങ്ങേക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കുറച്ചുകൂടെ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകണം കർത്താവെ ഞാൻ തോറ്റുകൊണ്ടിരിക്കുന്ന ഈ മേഖലയിൽ കർത്താവ് എനിക്ക് അങ്ങയിൽ അങ്ങ് നൽകുന്ന ആ ഒരു വിജയം പുതിയ നിയമത്തിൽ അങ്ങ് നൽകുന്ന സ്വസ്ഥത പുതിയ ത്തിൽ അങ്ങ് വാഗ്ദം ചെയ്തിരിക്കുന്ന വിജയകരമായ ഒരു ജീവിതം അതെനിക്ക് വേണം ഈ ഒരു മനസ്സും അന്വേഷണവും നമുക്കില്ല എങ്കിൽ നമുക്ക് ദൈവം നമുക്ക് വാഗ്ദത്വം ചെയ്തിരിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ കാര്യങ്ങൾ നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുകയില്ല ഞാൻ അതുപോലെ എന്നെ വ്യക്തിപരമായിട്ട് എനിക്കും ഉത്സാഹം തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ഞാൻ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കട്ടെ ഇരമ്യാവ് നാൽപ്പത്തി അഞ്ചാം അധ്യായം ഇരമ്യാവ് നാൽപ്പത്തി അഞ്ചാം അഞ്ചാം വാക്യത്തിൽ ഇരമ്യാവ് നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിൽ നിങ്ങൾക്കറിയാം ഇരമ്യ പ്രവാചകന്റെ പുസ്തകമാണ് ഇരമ്യാവ് എന്ന് പറയുന്നു അപ്പോൾ ഇരമ്യാ പ്രവാചകൻ ഇസ് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി അവരുടെ അവരെ ഉത്സാഹിപ്പിക്കുന്ന അതുപോലെ അവരെ അവർക്ക് വാണിങ് കൊടുക്കുന്ന മുന്നറിയിപ്പ് കൊടുക്കുന്ന അവരെ തിരുത്തുന്ന പലതരത്തിലുള്ള കാര്യങ്ങളും ഈ അധ്യായത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നതിനെക്കുറിച്ച് അവരെ ഉത്ബോധിപ്പിക്കുന്ന പല കാര്യങ്ങളും ഈ പല അധ്യായങ്ങളിലുണ്ട് അപ്പോൾ ഈ പുസ്തകം ഇരമ്യ പുസ്തകം ഇരമ്യാവ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുക്കുമ്പോൾ അത് എഴുതിക്കൊണ്ടിരുന്നത് ബാരുഖ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരനാണ് അപ്പോൾ ബാരൂഖാണ് അത് എഴുതിയത് അപ്പോൾ ഈ ബാരൂഖിനോട് ഇരമ്യാവ് പറയുന്ന ചില കാര്യങ്ങൾ ഈ നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിലുണ്ട് അപ്പോൾ നമ്മൾ നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിന് ഒന്നാം വാക്യത്തിൽ അങ്ങനെ വായിക്കുന്നുണ്ട് നേരിയാവിൻ്റെ മകനായ ബാരൂക്ക് ഈ വചനങ്ങൾ ഇരമ്യാവിൻ്റെ വാമൊഴി പ്രകാരം ഒരു പുസ്തകത്തിൽ എഴുതിയപ്പോൾ അപ്പം ഇത് ബാരുക്കാണ് ഇരമ്യാവ് പറയുന്നു ബാരൂക്ക് എഴുതുന്നു അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അഞ്ചാം വാക്യത്തിൽ ഇരമ്യാവ് ബാര ബാരൂക്കിനോട് പറയുന്നു എന്നാൽ നീ നിനക്കായി വലിയ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നുവോ ആഗ്രഹിക്കരുത് എന്നാൽ നീ നിനക്കായി വലിയ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നുവോ ആഗ്രഹിക്കരുത് നമുക്ക് പലപ്പോഴും നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ദൈവം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാൽ നമുക്ക് അത് വേണ്ടും വണ്ണം നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം നാം നമുക്ക് വേണ്ടി ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കുക എനിക്ക് വേണ്ടി എന്തെങ്കിലും വലിയ കാര്യം എനിക്ക് വേണ്ടി നീ നിനക്കായി വലിയ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നുവോ ആഗ്രഹിക്കരുത് ഇത് ചിലപ്പോൾ ഭൗതികമായ കാര്യങ്ങളായിരിക്കണമെന്നില്ല ചിലപ്പോൾ നമ്മെ സംബന്ധിച്ചോളം തമ്മിൽ പലരും ഓക്കെ എനിക്ക് ആ സ്ഥാനമൊന്നും വേണ്ട എനിക്ക് ഈ കാര്യമൊന്നും വേണ്ട എനിക്ക് അല്ലെങ്കിൽ ഭൗതികമായ പല കാര്യങ്ങളെയും നാം ഒഴിവാക്കി കളയുന്നു എന്നാൽ അതിനപ്പുറത്ത് നമുക്ക് ആത്മീകമായിട്ട് ആത്മീകമായിട്ട് എൻ്റെ ശുശ്രൂഷ എൻ്റെ മിനിസ്ട്രി അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം അല്ലെങ്കിൽ ഞാൻ ചെയ്ത ആ പ്രവർത്തനം ആത്മീകമായിട്ട് ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയായിരുന്നു ദൈവനോട് നിനക്കൊരു അഡ്രസ്സിൻ്റെ ആവശ്യമുണ്ടോ നിനക്ക് ഓ നിൻ്റെ നിൻ്റെ നീ ചെയ്ത കാര്യം എന്ന് നിനക്ക് ഓർക്കാനായിട്ട് സാഖ് ബ്രദർ തുടങ്ങിയപ്പോൾ സമയത്ത് ബ്രദറ് പറയുകയായിരുന്നു മുമ്പിലുള്ളത് അല്ല പിമ്പിലുള്ളത് മറന്ന് പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിലേക്ക് ആഞ്ഞും കൊണ്ട് നിങ്ങളുടെ ഓട്ടം നിങ്ങൾ ഓടാനായിട്ട് പറയും പലപ്പോഴും നമ്മൾ നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ വലിയ ചിന്തകളുള്ളവരാണ് നമ്മെക്കുറിച്ചുള്ള വലിയ ചിന്തകൾ താലോലിക്കുവാൻ വെമ്പൽ കൊള്ളുന്നവരാണ് നാം നാം എന്തെങ്കിലും എപ്പോഴും എന്തെങ്കിലും നമ്മളെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ എന്താ ഓർക്കാറുള്ളത് ഞാൻ അന്ന് ഞാൻ ചെയ്ത ആ കാര്യം അല്ലെങ്കിൽ ഞാൻ അന്ന് പിന്നെ ഏറ്റവും നന്നായിട്ട് ചെയ്ത ആ കാര്യം ഞാൻ നിങ്ങളെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ച് ഓരോ കാര്യമായിരിക്കും അന്ന് ഞാൻ ഉണ്ടാക്കിയ ഒരു കറിയായിരിക്കാം അവരെ സംബന്ധിച്ചും അല്ലെങ്കിൽ അന്ന് ഞാൻ ചെയ്തു എല്ലാവരും അത് വളരെ മെച്ചമായിരുന്നു കൊള്ളമായിരുന്നു അല്ലെങ്കിൽ ആത്മീയമായിട്ടാണെങ്കിൽ അന്ന് എൻ്റെ അന്നത്തെ എൻ്റെ പ്രസംഗം എൻ്റെ പാട്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്ത ഓരോ കാര്യം നമ്മെക്കുറിച്ച് തന്നെ വലിയ കാര്യങ്ങൾ ചിന്തിക്കുവാനും ആ ചിന്തകൾ താലോലിക്കുവാനും താല്പര്യമുള്ളവരാണ് ഈ സ്വാഭാവിക മനസ്സ് അപ്പോൾ പിമ്പിലുള്ളത് മറക്കുക എന്ന് പറയുമ്പോൾ നമ്മെക്കുറിച്ചുള്ള ഈ വലിയ വലിയ എണ്ണങ്ങൾ വലിയ വലിയ ചിന്തകൾ ഒക്കെ ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ നമ്മുടെ പുറകിൽ ഒരു കട്ടൻ അങ്ങോട്ടിടുക ഒരു കർട്ടൻ ഇട്ട് അതൊന്നും ഞാൻ കാണുന്നില്ല ഞാൻ ആകെ ഓർക്കുന്നത് കർത്താവെ നാം പാട്ട് പാടിയതുപോലെ ചേറ്റിലല്ലയോ കിടന്നത് ഓർത്തു നോക്കിയാൽ കർത്താവെ ഞാനെത്ര ചേറ്റിലും കുഴിയിലും കിടന്നാൽ എന്നെ അങ്ങനെ രക്ഷിച്ചല്ലോ അങ് എന്നോട് കരുണ തോന്നിയല്ലോ കർത്താവ് എന്നോട് കാണിച്ച് കരുണയെ ഞാൻ ഓർക്കുക ഞാൻ എത്രമാത്രം ഒരു ലേച്ചകരമായ ജീവിതത്തിന് ഉടമയായിരുന്നു എന്നുള്ളത് ഞാൻ ഓർക്കുക ഞാൻ എത്രയെത്ര അബദ്ധങ്ങൾ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ ഓർക്കുക അതിനു പകരം നമ്മൾ പലപ്പോഴും ഓർക്കുന്നത് നമ്മൾ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ കുറച്ചൊക്കെ ആയിരിക്കും ചെയ്തിട്ടുള്ളൂ അതെപ്പോഴും ഓർത്തുകൊണ്ടിരിക്കും അതിനെ ധ്യാനിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഈ ഒരു നമ്മുടെ സെൽഫിനെ ഫീഡ് ചെയ്യുന്ന തരത്തിലുള്ള നമ്മുടെ സ്വയത്തെ ആ രീതിയിൽ താലോലിക്കുന്ന തരത്തിലുള്ള ചിന്തകളെ നാം എതിർത്ത് നിൽക്കേണ്ടതുണ്ട് ഇവിടെ ബാരൂക്കിനോട് പറയുന്നു നീ നിനക്കായി വലിയ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കരുത് അപ്പോൾ ഞാൻ അതിനെ തുടർന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു നമുക്ക് സഭയായിട്ട് ഈ കാലഘട്ടത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ ഒരു നന്മകളെക്കുറിച്ച് പലപ്പോഴും നാം ബോധവാന്മാരല്ല നമ്മളിന്ന് ഇവിടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തിൽ നമുക്ക് ഈ കാലഘട്ടത്തിൽ അന്ന് പൗലോസിൻ്റെ കാലത്തായിരുന്നു നമ്മൾ ജീവിച്ചിരുന്നെങ്കിൽ നമുക്ക് എത്ര എത്ര ബഹുമാനത്തോടുകൂടിയാണ് പൗലോസിനെ നാം നോക്കുക എത്ര ബഹുമാനത്തോടെയാണ് നാം പൗലൂസിനെ നാം പിൻപറ്റുക ഓ ഇത്രത്തോളം ത്യാഗത്തോടെ ഇത്രത്തോളം ഒരു മാതൃകയായി എന്നെ പിൻപറ്റാനായിട്ട് പറയുന്ന ഒരു പൗലോസ് ആ പൗലൂസിൻ്റെ കാലഘട്ടത്തിൽ എനിക്ക് ജീവിക്കാൻ പറ്റിയല്ലോ പൗലോസ് ഒരു ലേഖനം എഴുതിയെങ്കിൽ ഞാൻ വേറെ സ്ഥലത്ത് പോകുമ്പോൾ പൗലോസിങ്ങിനെ പറഞ്ഞു പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ അതെല്ലാം എൻ്റെ ഉള്ളത്തിൽ എനിക്കത് എന്നെ ചൂടുപിടിപ്പിക്കുന്നു പൗലൂസിൻ്റെ മാതൃക ഞാനത് അതെനിക്ക് മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്നതിന് അത് പൗലോസിനെ കോട്ട് ചെയ്ത് ഉദ്ധരിച്ച് മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുന്നു കാര്യം ഇത്രയും എനിക്ക് പ്രയോജനം ലഭിച്ചു നമ്മൾ ശരിക്കും നമ്മൾ ഇന്ന് ഈ കാലഘട്ടത്തിലായിരിക്കുമ്പോൾ ഞാൻ അവിടെ ആ കോൺഫറൻസിലൊക്കെ പങ്കെടുത്തപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു നാം അതുപോലെ വളരെയധികം ഭാഗ്യം ലഭിച്ച സൗദരി സൗകര്മാരാണ് നാം ഇന്നിവിടെ ആയിരിക്കുമ്പോൾ നാം അതിനെ വേണ്ടവണ്ണം നാം വിലമതിക്കുന്നില്ല നമുക്ക് ഇന്ന് ഈ കാലഘട്ടത്തിൽ സാക്ക് ബെർനെ പോലെയുള്ള ഒരു ദൈവദാസനെ ദൈവം നൽകിയത് അത് ദൈവത്തിൻ്റെ വലിയൊരു കരുണയാണ് ഇന്ന് പലപ്പോഴും നമുക്ക് യഥാർത്ഥത്തിലുള്ള ആത്മികത എന്താണ് എന്ന് നാം കാണാതിരിക്കുമ്പോൾ പലതരത്തിൽ പണത്തിനു വേണ്ടി സ്ഥാനത്തിനു വേണ്ടി മാനത്തിനു വേണ്ടി ഒക്കെ ആളുകൾ യാതൊരു സ്വാർത്ഥ സ്വാർത്ഥ മീൻ ആളുകളോടുള്ള താല്പര്യമില്ലാതെ സ്വാർത്ഥ ഇച്ഛയോടുകൂടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു മാതൃക കാണിച്ചു തന്ന് യഥാർത്ഥത്തിലുള്ള ക്രിസ്തി പ്രവർത്തനത്തിൻ്റെ ഒരു മാതൃക കാണിച്ചു തന്ന് ഈ ദേവദാസൻ അദ്ദേഹത്തിൻ്റെ മക്കളെയും അവിടെയുള്ള സഭയെയൊക്കെ നാൽപ്പതിൽ പരം വർഷങ്ങൾ അദ്ദേഹം ആ സ്ഥ സ്ഥാപിച്ച് അനേക സഭകൾ സ്ഥാപിച്ച് അങ്ങനെ ഒരു സഹോദരൻ നമുക്ക് മുമ്പിലുള്ളപ്പോൾ നമ്മളതിനെ വേണ്ടുമണ്ണം വിലമതിക്കണം അപ്പോൾ വേണ്ടുമണ്ണം നമ്മൾ വിലമതിച്ച് അതിനോട് ചേർന്ന് നമുക്ക് ഈ നമുക്ക് ഒത്തിരി റിസോഴ്സസ് ഉണ്ട് ഇപ്പോൾ നമുക്കിവിടെ ജീവമൊ നമ്മുടെ പുസ്തകങ്ങൾ ജീവമൊഴി പബ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞ് നമ്മൾ പുസ്തകങ്ങൾ ഒത്തിരി പുസ്തകങ്ങൾ ഇവിടെ ഉണ്ട് നമുക്ക് ജാക്ക്ബോർഡ് എഴുതിയ ഒത്തിരി പുസ്തകങ്ങൾ അതിൽ പല പുസ്തകങ്ങൾ ഇതുവരെ ട്രാൻസ്ലേറ്റ് ചെയ്യും ചില പുസ്തകങ്ങളൊന്നും ഇതുവരെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടില്ല നമുക്ക് ഈ സത്യങ്ങൾ ഇന്ന് നമുക്ക് വളരെയധികം കേൾക്കാത്ത ഈ സത്യങ്ങൾ ഈ സഹോദരൻ്റെ ജീവിതം സാക്ഷ്യം നൽകുന്ന ആ സ ആ സത്യങ്ങൾ എത്രയോ സന്ദേശങ്ങൾ യൂട്യൂബിലുണ്ട് എത്രയോ സന്ദേശങ്ങൾ സി എഫ് സിയുടെ വെബ്സൈറ്റിലുണ്ട് നമുക്കാരും ഇതൊന്നും എനിക്ക് കേൾക്കണം നേരിട്ട് ദൈവത്തോടുള്ള ടുപ്പം ബന്ധം ദൈവം നമ്മോട് വ്യക്തിപരമായിട്ട് സംസാരിക്കുക ഇതാണ് നാം തീർച്ചയായിട്ടും ആഗ്രഹിക്കേണ്ടത് എന്നാൽ അതിന് പലപ്പോഴും നമുക്ക് മുഖാന്തരമാകുന്നത് നമ്മെ ഉത്സാഹിപ്പിക്കുന്നത് പല ദൈവദാസന്മാർ ദൈവത്തെ അറിയുന്ന ദൈവദാസന്മാരുടെ കൂടെ നാം നടക്കുമ്പോൾ അവരോട് അവരുടെ സന്ദേശങ്ങൾ നാം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളത്തെ അത് ചൂടുപിടിപ്പിക്കും പൗലൂസ് ആ രീതിയിലാണ് തൻ്റെ കോവർക്കേഴ്സിനെ ഉത്സാഹിപ്പിച്ചത് ഈ ബ്രദറിൻ്റെ എത്രയോ സന്ദേശങ്ങൾ മലയാളത്തിൽ തർജ്ജമയുള്ളത് ഇംഗ്ലീഷ് അറിയാവുന്ന സഹോദരങ്ങൾക്ക് ഇംഗ്ലീഷിൽ നമുക്ക് അത് കേൾക്കാൻ അല്ലെങ്കിൽ ഈ പുസ്തകങ്ങൾ വായിക്കാൻ ഈ പുസ്തകങ്ങൾ വായിച്ച് മറ്റുള്ളവർക്ക് പങ്ക് പങ്ക് പങ്കുവയ്ക്കുവാൻ അതിനൊക്കെയുള്ളൊരു ഉത്സാഹം നമുക്ക് ഈ ദിവസങ്ങൾ കൂടുതലായിട്ട് വേണം ഈ കേരളത്തിലാണെങ്കിലും ഇത് കൂടുതൽ അത് മറ്റുള്ള സ്ഥലങ്ങളിൽ അത് അറിയണം ഞാൻ ആ മാതൃകയായിട്ട് മറ്റുള്ളവർക്ക് പങ്കുവെക്കണം അതിനപ്പുറത്ത് നമുക്ക് ഒരു എനിക്കായിട്ട് എന്തെങ്കിലും ഒരു പേര് അല്ലെങ്കിൽ നമ്മുടെ ചർച്ചിനായിട്ട് ഒരു പ്രത്യേക ഐഡൻറ്റിറ്റിയുടെ ആവശ്യമില്ല നമുക്ക് ആ ചേർന്ന് ആ ടീമിൽ അങ്ങ് പ്രവർത്തിച്ചാൽ മതി ആ സോദനോടൊപ്പം ചേർന്ന് ഈ ഒരു മിനിസ്ട്രിക്ക് ഒരു കൈത്താങ്ങൽ നമ്മൾ ആ രീതിയിൽ നമ്മളാ ലാഭോളം കൊടുത്തുകൊണ്ട് ഈ സന്ദേശങ്ങൾ ഈ പുസ്തകങ്ങൾ അത് ടെസ്റ്റഡ് ആൻഡ് പ്രൂവ്ഡാണ് അത് ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്ത ജീവിതത്തിൻ്റെ സാക്ഷികളായിട്ട് എത്രയോ സോധനങ്ങളുണ്ട് നമ്മളൊരു പുതിയൊരു മിനിസ്ട്രി എനിക്കായിട്ടൊരു പുതിയ മിനിസ്ട്രി ഒരു പുതിയ പ്രവർത്തനം നമ്മൾ ഈ പ്രവർത്തനത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഉത്സാഹത്തോടു കൂടെ നമുക്ക് പ്രവർത്തിച്ചുകൂടെ ഞാനത് എന്നെ സ്പർശിച്ചു നമ്മുടെ ഈ കേരളത്തിൽ പ്രത്യേകിച്ച് പല രീതിയിലും ഈ സന്ദേശങ്ങൾ വേണ്ടുമണ്ണം അത് അത് മറ്റുള്ളവരിലേക്ക് എത്തിയിട്ടില്ല ഞാൻ ഇവിടെ അമേരിക്കയിൽ രണ്ട് സ്ഥലങ്ങൾ അവിടെ കാലിഫോർണിയയിലുള്ള സാനോസെ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അവിടെ ബ്രദറിൻ്റെ ഒരു മകൻ അവിടെയുള്ള അവിടെ ഒരു ചർച്ചുണ്ട് ന്യൂ കവൻ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് എന്നാണ് ആ ചർച്ചിൻ്റെ പേര് അതുപോലെ കൊളോറാഡോയിൽ അവിടെ ആർ എൽ സി എഫ് റിവർ ഓഫ് ലൈഫ് ക്രിസ്ത്യൻ ഫെലോഷിപ്പ് എന്നൊരു ചർച്ച ഉണ്ട് ആ ചർച്ചിലൊക്കെയുള്ള ചില ചെറുപ്പക്കാരായ ആ ചർച്ചിൽ മുമ്പിൽ നിൽക്കുന്ന ചില സഹോദരന്മാരും ഇവിടെ കോൺഫറൻസിന് വന്നിരുന്നു അവരെ ഒക്കെ മീറ്റ് ചെയ്തപ്പോൾ അവരുമായിട്ടുമൊക്കെ അവർ അവിടെ പങ്കുവയ്ക്കുന്നതൊക്കെ കേട്ടപ്പോൾ വളരെ ചുരുങ്ങിയൊരു സമയം കൊണ്ട് വളരെയധികം ഈ ആത്മീക വഴിയിൽ മുമ്പോട്ട് പോയ കുറച്ച് സഹോദരന്മാർ അവർക്ക് ഈ സത്യങ്ങൾ നമ്മൾ ഈ സത്യങ്ങൾ പുതിയ നിയമത്തിൽ ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഈ കാര്യങ്ങൾ അവരുടെ ലൈഫിൽ അത് റിയാലിറ്റി ആയി തീർന്നിരിക്കുന്നു അതിൽ ചില സൗകര്യമാരൊക്കെ വ്യക്തിപരമായിട്ടാണെങ്കിലും അവർ പബ്ലിക്കായിട്ട് സംസാരിക്കുമ്പോൾ പാപത്തെ ഗൗരവമായിട്ട് എടുക്കുന്നതിനെക്കുറിച്ച് അവരുടെ ഉള്ളത്തിലുള്ള ഒരു കരച്ചൽ താഴ്മയുള്ള ഒരു വഴിയിലേക്ക് പോകുന്നതിനെക്കുറിച്ചുള്ള അവരുടെ ഉള്ളത്തിലുള്ള താല്പര്യവും ആഗ്രഹം അതിനുവേണ്ടിയുള്ള ഒരു വാഞ്ച ഇതെല്ലാം വളരെ പ്രകടമാണ് പാപത്തെ ഗൗരവമായി എടുക്കുന്നു താഴ്മയുള്ള ഒരു വഴിയിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ക്രൂശെടുത്ത് എൻ്റെ ഇഷ്ടം വേണ്ട എന്ന് പറഞ്ഞ് കർത്താവിനെ അനുഗമിക്കുന്നതിനെക്കുറിച്ച് ഈ സത്യങ്ങളൊക്കെ വളരെ കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ ഈ സഹോദരന്മാരുടെ ജീവിതത്തിൽ അതുമായിട്ട് അവർ പിടിക്കപ്പെട്ടിരിക്കും അപ്പോൾ ഇതിൻ്റെ കാരണം അപ്പോൾ ആ സഹോദരന്മാർ തന്നെ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ അവിടെ മീറ്റിങ്ങിൽ കൂടുമ്പോൾ ഇവരെല്ലാം വളരെയധികം ഈ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീക റിസോഴ്സസ് അത് അവരെ ഉപയോഗിക്കാനായിട്ട് അവരുസ് ഉത്സാഹം കാണിക്കുന്നവരാണ് അവരുടെ ബൈബിൾ സ്റ്റഡി ആകട്ടെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ഗ്രൂപ്പുകളിലാകട്ടെ നമുക്ക് ത്രൂ ദ ബൈബിൾ അല്ലെങ്കിൽ മറ്റ് ബൈബിൾ സ്റ്റഡീസ് ദൈവ കർത്താവ് ന പഠിപ്പിച്ച പല കാര്യങ്ങൾ ഇപ്പോൾ സി എഫ് സി വെബ്സൈറ്റിലും അവിടെയും സാക്ബർ പല വർഷങ്ങളായിട്ട് അദ്ദേഹം പറഞ്ഞ പ പഠിപ്പിച്ച പല കാര്യങ്ങൾ പുസ്തക രൂപത്തിൽ ഓഡിയോ ആയിട്ടുണ്ട് അപ്പം ഇവർ ഇത് റെഗുലറായിട്ട് ഇത് അവർ കേൾക്കും അവരത് പഠിക്കും അവരത് ജീവിതത്തിലേക്ക് അത് ഉത്സാഹത്തോടു കൂടി എടുക്കും അവർ ഗൗരവമായിട്ട് എടുത്തു അത് അവരുടെ ജീവിതത്തെ മാറ്റുന്നു അവരുടെ സഭയിലും അത് മാറ്റുന്നു അപ്പം ഞാൻ ചിന്തിക്കുകയായിരുന്നു നമ്മൾ നമ്മൾ പലരും നമ്മൾ ഇങ്ങനെയൊരു വിധേയത്വത്തോടുകൂടെ ഈ കാര്യത്തിൽ അങ്ങനെ പിന്പറ്റാനായിട്ട് നമ്മുടെ പ്രത്യേകിച്ച് മലയാളികൾക്ക് ഒരിച്ചിരി കുറച്ചൊരു കുറച്ചൊരു വിസമ്മതമുള്ളത് പോലെയാണ് തമിഴ്നാട്ടിലാണെങ്കിലും ഈ സത്യങ്ങൾ വളരെ പെട്ടെന്ന് പകരും അവിടെ അതിനു വേണ്ടി ചുമല് കൊടുത്ത് ഈ പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യാനും പുസ്തകങ്ങൾ മറ്റു സ്ഥലങ്ങളിൽ എത്തിക്കുവാനും ഉത്സാഹത്തോടുകൂടെയുള്ള സഹോദരങ്ങൾ അവരാരും അവർക്ക് വേണ്ടി ഒന്നും അന്വേഷിക്കുന്നില്ല ദൈവമേ അങ്ങയുടെ നാമം ഉയരണം കർത്താവ് എനിക്ക് ലഭിച്ച ഈ സത്യങ്ങൾ അത് മറ്റുള്ളവരുടെക്ക് എത്തണം എൻ്റെ ജീവിതത്തെ ഇത് മാറ്റണം ഈ സത്യങ്ങൾ കർത്താവെ മറ്റുള്ളവരിലേക്ക് എത്തണം ആ ഒരു താല്പര്യത്തോടുകൂടെയാണ് അവിടെ തമിഴ്നാട്ടിലും നമുക്ക് കാണുവാനായിട്ട് എനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത് അപ്പോൾ അത് എന്നെയും ആ രീതിയിൽ അത് ഉത്സാഹിപ്പിച്ച് വരുന്ന ദിവസങ്ങളിൽ കുറച്ചുകൂടെ എനിക്ക് വേണ്ടി അല്ലെങ്കിൽ നമുക്കൊരു പ്രത്യേക ഗ്രൂപ്പായിട്ട് എന്തെങ്കിലും പ്രത്യേകമായിട്ട് എന്തെങ്കിലും നമുക്ക് വേണ്ടി അന്വേഷിക്കാതെ നമുക്ക് ഈ കാലഘട്ടത്തിൽ നാം ചേർന്ന് നിൽക്കുന്ന ഈ സഹോദരങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ആ കാര്യങ്ങൾ തന്നെ അത് പറയാൻ മറ്റുള്ളവർക്ക് എത്തിക്കാൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ അതിനുവേണ്ടിയുള്ള ഒരു ഉത്സാഹം വളരെയധികം ആവശ്യമാണ് എന്ന് ഞാൻ കാണുകയായിരുന്നു അതോടൊപ്പം ഒരു വാക്യം കൂടെ നമുക്ക് ഈ കാര്യങ്ങൾ ആവർത്തന പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ആവർത്തന പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം എന്റെ ഒമ്പതാം വാക്യം അവിടെ പറയുന്നത് നിന്റെ മുന്തിരിത്തോട്ടത്തിൽ വേറൊരു വക വിത്തും ഇടരുത് നിന്റെ മുന്തിരിത്തോട്ടത്തിൽ വേറൊരു വക വിത്തും ഇടരുത് അങ്ങനെ ചെയ്താൽ നീ ഇട്ട വിത്തിന്റെ വിളവും മുന്തിരിത്തോട്ടത്തിന്റെ അനുഭവവും വിശുദ്ധ മന്ദിരം വകയ്ക്ക് പോകും പത്താം വാക്യം കാളയെയും കഴുതയും ഒന്നിച്ച് പൂട്ടി ഉഴരുത് പതിനൊന്നാം വാക്യം ആട്ടുരോമവും ചണവും കൂടി കലർന്ന വസ്ത്രം ധരിക്കരുത് അപ്പം ഇവിടെ ഈ നമ്മൾ ഈ ഒമ്പതാം വാക്യത്തിൽ മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് അത്ര ക്ലിയർ അല്ല അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് യു ഷിൽ നോട്ട് സോ യു ഒബിനിയഡ് വിത്ത് ടു കൈൻഡ്സ് ഓഫ് സീഡ് ഓർ All the produce of the seed which you have sown and the increase of the vineyard will become defiled. When you see the two trees, when you see the tree on the top, you see the tree on the top. The tree on the top, you see the tree on the top. In this case, we are going to do this. We are going to go to Palapod, സോഷ്യൽ മീഡിയ ഒത്തിരി റിസോഴ്സസ് വാട്സാപ്പ് ഇതിലൂടെ ഒക്കെ ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും നമ്മുടെ സഹോദരങ്ങളും നമ്മളൊരു ജാഗ്രതയില്ലാതെ വരുന്നതൊക്കെ എല്ലാം എല്ലാം ഇങ്ങനെ കേൾക്കുക എല്ലാം മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക നമുക്ക് ഈ പുതിയ നിയമസത്യങ്ങൾ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ സത്യങ്ങൾ അത് ഈ ഒരു ക്രൂശിൻ്റെ മാർഗത്തിലൂടെ താഴ്മയുടെ വഴിയിലൂടെ മുമ്പോട്ട് പോയി നമുക്ക് ആത്മാവിൽ കാര്യങ്ങൾ പ്രകാശനം ഉണ്ടായി നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന സ്വസ്ഥതയും വിജയകരമായ ഒരു ജീവിതവും ദൈവം വാഗ്ദത്തം ചെയ്യുന്ന ആ വഴി അതാണ് നമുക്ക് ക്ലാരിറ്റി വേണ്ടത് അതിനെ കുറിച്ച് നമുക്കൊരു വ്യക്തത ഉണ്ടാവണം അതിന് പകരം നമ്മൾ കുറച്ച് വേറെ എന്തെങ്കിലും വരും എന്നാൽ അതും കേട്ടു ഇതും കേട്ടു അത് മറ്റുള്ളവർക്കും ഫോർവേഡ് ചെയ്തു ഇത് രണ്ട് തരത്തിലുള്ള വിത്ത് ഇടുന്നത് അങ്ങനെ വിത്ത് ഇടു നമുക്ക് വേണ്ടുമെണ്ണമുള്ള ഒരു പുരോഗതി ഉണ്ടാവുകയില്ല നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിൽ അതൊരു മലിനതയായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങളെക്കുറിച്ച് ഫോക്കസ്ഡായി നാം എന്താ കേൾക്കുന്നത് ഞാൻ എന്താ ഞാൻ തുടർമാനമായിട്ട് എനിക്ക് ഈ കാര്യങ്ങൾ തന്നെ കേൾക്കണം ആ കാര്യങ്ങൾ കേൾക്കാൻ അതിനുള്ളൊരു ഉത്സാഹം ഉണ്ടാവണം അതിനുവേണ്ടി നാം സമയം കണ്ടെത്തണം നമ്മൾ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ആദ്യം വേണ്ടത് നമ്മളെ നിസ്സഹായതയോടെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ജീവിതം ഒരു അന്ധനെ പോലെ കർത്താവെ ഞാൻ അങ്ങില് ചാരുന്ന് ഞാൻ അങ്ങിലാശ്രയിക്കുന്നു അങ്ങിൽ എൻ്റെ ആ വൈറ്റ് കെയ്ൻ അതെവിടെയാണ് കർത്താവെ അതുപോലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ ഞാൻ അങ്ങിൽ ചാരിക്കൊണ്ട് ഞാൻ ജീവിക്കുന്നു അതിനെ തുടർന്ന് ആത്മാവിൽ ഒരു ഉണർവുള്ളവനായി ഞാൻ ദൈവവചനം എനിക്ക് വേണം എന്നെ ഈ വഴിയിലേക്ക് താഴ്മയുടെ വഴിയിലേക്ക് കൊണ്ടുപോകുന്ന ദൈവവചനം അതെനിക്ക് കൂടുതലായിട്ട് കേൾക്കണം എനിക്ക് ആ രീതിയിൽ മാറിയുള്ളൊരു ജീവിതം ജീവിച്ച് ഈ കാര്യങ്ങൾ കാണിച്ചു തന്നിരിക്കുന്ന ആ സഹോദരങ്ങളെ എനിക്ക് ആത്മാർത്ഥമായിട്ട് അവരെ പിൻപറ്റണം അവരെ പിൻപറ്റുവാനും ആ സത്യങ്ങൾ എനിക്ക് വീണ്ടും കേൾക്കുവാനും അത് വായിക്കുവാനും അത് പങ്കുവയ്ക്കുവാനും എനിക്കായി നമുക്കായി പ്രത്യേകം ഒന്നും അന്വേഷിക്കാതെ അങ്ങനെ നമുക്ക് കർത്താവിനെ പിൻപറ്റാനായിട്ട് കഴിയുന്നുവെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് നമുക്ക് കേരളത്തിൽ നിൽക്കുവാനായിട്ട് കഴിയും എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു വരുന്ന ദിവസങ്ങളിൽ ആ രീതിയിൽ എൻ്റെ ജീവിതത്തിലും നമ്മുടെയൊക്കെ ജീവിതത്തിലും ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഈ പുതിയ നിയമസത്യങ്ങൾ അത് കുറച്ചുകൂടെ റിയാലിറ്റി ആകുവാൻ നമുക്ക് ഇന്ന് നമ്മളെ മതിക്കുന്ന എന്ത് കാര്യമാണെങ്കിലും നമ്മളതിനെ നിസ്സാരമായിട്ടെടുക്കാതെ ഒരുപക്ഷെ കോപമായിരിക്കാം എത്ര വിചാരിച്ചാലും അതെൻ്റെ അതെൻ്റെ ഒരു കുടുംബത്തിൻ്റെ പാരമ്പര്യമാണ് എന്ന് പറഞ്ഞ് അതിനെ ലാഘവത്തോടുകൂടി എടുക്കാതെ കർത്താവ് എനിക്ക് കോപത്തിൽ നിന്ന് വിജയം ദൈവം എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എനിക്കത് വേണം കർത്താവെ ഒരു പക്ഷേ തരത്തിലുള്ള ഒരു തീവ്രമായ മോഹമായിരിക്കാം ആഗ്രഹമായിരിക്കും അതിന് അതുതന്നെ വേണം അതുതന്നെ വേണം എന്നാഗ്രഹമായി കർത്താവെ ഞാൻ അങ്ങനെ ഏതെങ്കിലും ഒരു ആഗ്രഹത്തിന് അടിമയായി തീരുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നില്ല അതിൽ നിന്ന് വിടുതൽ അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എനിക്കത് വേണം ഞാൻ ഈ സാഹിത്യത്തിന് മധ്യത്തിൽ ഞാൻ പദ തകർന്ന് കലങ്ങിയിരിക്കുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നില്ല സ്വസ്ഥ സ്വസ്ഥതയുള്ളൊരു ജീവിതം അങ്ങ് എന്നെക്കുറിച്ച് ആഗ്രഹിക്കും എനിക്കത് വേണം എനിക്കത് വേണം പുതിയ നിയമത്തിൽ അങ്ങ് കാര്യങ്ങളൊക്കെ വാഗ്ദത്വം ചെയ്തിട്ടുണ്ട് ഞാൻ അങ്ങനെ ആശ്രയിച്ചുകൊണ്ട് ഞാൻ ഈ വഴിയെ പോകുന്നു അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കുറച്ച് തന്നെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും അത് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം ദൈവം നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ നമുക്കിപ്പോൾ ഒരു പാട്ടിൻ്റെ ചില വരികൾ നമുക്ക് പാടുകയും അതിനെ തുടർന്ന് മറ്റ് സഹോദരങ്ങൾക്ക് സാക്ഷ്യത്തിനും പ്രബോധനത്തിനും ഒക്കെയായിട്ട് സമയം എടുക്കുകയും ചെയ്യാമല്ലോ